സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും തന്റെ മുഖത്തെ അള്ളാഹു സുബാനുഹൂവ തായാലായിക്ക് കീഴ്പ്പെടുത്തിയാൽ അവൻ ഏറ്റവും ദൃഢമായ കൈപിടിയെ മുറുകെ പിടിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളുടെയും പരിസമാപ്തി അള്ളാഹു സുബാനുഹൂവ തായാലായുടെ പക്കലാകുന്നു